സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മനുഷ്യൻ തൻറെ കൈകൾ മുൻകൂട്ടി ചെയ്തത് നോക്കുന്ന ദിവസം അന്ന് സത്യനിഷേധി കഷ്ടം ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായേനെ